പറയുക ഞാൻ നിങ്ങളോട് പ്രതിഫലമായി ഒന്നും ചോദിച്ചിട്ടില്ല അത് നിങ്ങൾക്കുള്ളതാണ് എന്റെ പ്രതിഫലം അള്ളാഹു സുബഹാനഹുവ ട്ടായാല ഇൽ നിന്ന് മാത്രമാണ് അവൻ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയുമാണ്